നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ പിതാക്കളെ സ്മരിക്കുന്നതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിനെ സുബഹാനഹുവച്ചാരയെ സ്മരിക്കുക മനുഷ്യരിൽ ചിലരുണ്ട് ഞങ്ങളുടെ രക്ഷിതാവേ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നൽകേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ പരലോകത്ത് യാതൊരു വിഹിതവുമില്ല